മുസ അലഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു തീർച്ചയായും ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹു സുബഹാനഹുവറ്റായാലോട് കൽപ്പിക്കുന്നു അവർ ചോദിച്ചു താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ അദ്ദേഹം പറഞ്ഞു അജ്ഞരായവരിൽ പെട്ടുപോകുന്നതിൽ നിന്നും ഞാൻ അള്ളാഹു സുബഹാനഹുവറ്റായാലും അഭയം തേടുന്നു